നമ്മുടെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് പരിഹാസരൂപേണ സംസാരിക്കുന്നവരെ കണ്ടാൽ അവർ മറ്റൊരു വിഷയത്തിലേക്ക് മാറുന്നതുവരെ നിങ്ങൾ അവരിൽ നിന്ന് വിട്ടു നിൽക്കുക നിങ്ങളെ മറപ്പിക്കുകയാണെങ്കിൽ ഓർമ്മപ്പെടുത്തിയതിനു ശേഷം അക്രമികളായ ജനങ്ങളോടൊപ്പം നിങ്ങളിരിക്കരുത്